ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ച അള്ളാഹുസുബഹാനുഹൂവധാല അവർക്ക് സമാനമായവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്നവർ കണ്ടില്ലേ അവനവർക്ക് ഒരു നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല എന്നിട്ടും അക്രമികൾ നന്ദികേടല്ലാതെ മറ്റൊന്നും സ്വീകരിച്ചില്ല